പറയുക ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ ദൈവം ഏകദൈവമാണെന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നു അതിനാൽ നിങ്ങൾ അവനിലേക്ക് നേരായ വഴിയിൽ നിലകൊള്ളുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക പങ്കു നാശം